ൃതവർഷിണീ സു മധുരം സങ്കീർത്തമൃശ്വരീ സമാഭ്യന്തരഗർഭാവനിരതവ്യാഖ്യാതൈഭവോ യഞ്ഞ്ചാന പാഞ്ഞ്ചുഷാവധിഷ്ടശ്വാത്മത പ്രഹ്ലാദാഭിതാക്ഷണമിത്ത പ്രമാണം ഹരി സൌവ്യമക്സരദി സുന്ദരതം ചൂടാമണി ജ്യോതിര്യദ്ദക്ഷിണാമൂർത്തിവ്യാസംകരശ്ദിം ജ്ഞാനോത്തമാഖ്യം തത്വം തേ സനന്ദപതോഹിതം വി പ്രതിപത്തി സഗത്ഭവാചാ യുസുഖനീവിജുഷാ മനുമാണനഖ നിർഭിമഹാമോഹാഹാജ നമസ്കുണോ സിംഹാ സുപ്രകാശിതാത്മനേ അപ്പോൾ ഇവിടെ എല്ലാ ലക്ഷണങ്ങളെയും നിരൂപണം ചെയ്തു ഓരോ ലക്ഷണത്തിനുള്ള ദോഷങ്ങളെയും പറഞ്ഞു എന്നു വെച്ചാൽ ലക്ഷണങ്ങളും സ്വപ്രകാശത്തിന് യോജിക്കുന്നതല്ല എന്ന് അപ്പോൾ ഈ എന്തെങ്കിലും വ്യക്തമാകാനുണ്ടെങ്കിൽ അത് വ്യക്തമാക്കിയിട്ട് മുമ്പോട്ട് പോകാം ഉണ്ടോ അതെ ഒന്നും വ്യക്തമായില്ലേ രണ്ടും സംഭവിക്കാം ഒന്നും വ്യക്തമാകാതെ ഇരിക്കും എന്നാലും മൗനം എല്ലാം വ്യക്തമായാലും മൗനം എന്താ സംഭവിച്ചത് എന്തെങ്കിലും സംഭവിച്ചോ ഒന്നും സംഭവിച്ചില്ലയോ നല്ലതാ ഓർക്കാൻ പറ്റുന്നില്ലെന്ന് തന്നെ പറഞ്ഞു ഓർത്തിരുന്ന ഓരോ ലക്ഷണങ്ങളിലും അതിന് വരുന്ന ോഷങ്ങളും ഉറക്കുന്ന ഉറക്കുന്നും നല്ലത് ഞാൻ ചോദിക്കുന്നത് മനസ്സിലായോ എന്നുള്ള കാര്യമാണ് എല്ലാവർക്കും പൊതുവെ അനുഭവപ്പെടുന്നത് മനസ്സിലായില്ല എന്നുള്ള പരാതിയാണ് വരുന്നത് വാദങ്ങൾ അതിൻ്റെ ഖണ്ഡനം ഒന്നും മനസ്സിലാകുന്നില്ല എന്നാണ് സാറിന് പറയുന്നത് അത് മനസ്സിലായോ എന്നാണ് എൻ്റെ ചോദ്യം വ്യക്തമായെന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് സ്വപ്രതിയോഗിത്വം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ എന്താണ് സ്വപ്രകാശത്തൽ സ്വപ്രകാശത്വം എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അത് എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയാം എന്താണ് സ്വപ്രകാശത്ത് സ്വപ്രകാശത്ത് സ്വരൂപം തന്നെ അപ്പോൾ അതിലും പ്രത്യേകിച്ച് ഒരു ധർമ്മം വന്നില്ല പക്ഷേ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയും മറ്റൊന്നിനെ ആശരിച്ചൊരു ധർമ്മം വരിക എന്ന് പറയുമ്പോൾ കളി മാറും ഇവിടെ എന്താ പറഞ്ഞത് വ്യവഹാര യോഗ്യത്വം അപ്പോൾ യോഗ്യത്വം എന്ന് പറയുന്നത് എന്താണ് സ്വരൂപം തന്നെ യോഗ്യത്വം എന്ന് പറയുന്നത് സുപ്രകാശം തന്നെ പക്ഷേ എന്നാലും അവിടെ കിടക്കുന്നു മറ്റൊന്നെന്താണ് വ്യവഹാരം അപ്പോൾ വ്യവഹാരത്തെ ആശ്രയിച്ചാണെന്തു വന്നത് യോഗ്യത്വം വന്നു യോഗ്യത്വം സ്വരൂപമായാലും വ്യവഹാരം ശേഷിക്കും അതിനെ പ്രതിയോഗി മനസ്സിലാക്കുക അല്ലേ ഏതെന്തിനെ ആശ്രയിച്ചിട്ടാണോ യോഗ്യത്വം വന്നത് അതിന് സ്വരൂപമായി എടുത്താലും സ്വപ്രകാശമായി അതിനൊരു പ്രതിയോഗി ഇരിക്കുന്നു അതിനൊരു നിരൂപകം ഇരിക്കുന്നു ഏതാണ് വ്യവഹാരം അപ്പോൾ ഇവിടെ സ്വപ്രകാശം ഒറ്റയ്ക്കല്ല മറ്റൊന്നുകൂടെ ഉണ്ട് അപ്പോൾ സപ്ര ഇത് സ്വപ്രകാശം പ്രതിയോട് പ്രതിയോഗിയോടുകൂടിയതായിത്തീരുന്നു യോഗ്യത്വത്തെ സ്വരൂപമായി സ്വീകരിച്ചത് അങ്ങനെ മറ്റൊന്നിനെ ആശ്രയിച്ച് യോഗ്യത്വം വന്നതുകൊണ്ടാണ് അതിനെ സ്വരൂപമായി സ്വീകരിച്ചിട്ട് ഏതിനെയാണോ ആശ്രയിച്ചത് അതവിടെ നിൽക്കുന്നു അപ്പോൾ അത് ഈ സ്വപ്രകാശത്തിന് അതിനെന്തു പറയാം പ്രതിയോഗി എന്ന് അപ്പോൾ സ്വപ്രകാശം എന്തായി സപ്രതിയോഗികത്വം എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാം മറ്റൊന്നിനെ ആശ്രയിച്ചൊരു ധർമ്മവും വരാൻ പാടില്ല അത് വരുന്ന ധർമ്മ സ്വരൂപമായാലും ഏതിനെ ആശ്രയിച്ചാണോ ആ ധർമ്മം എന്നത് നിന്നുകഴിഞ്ഞാൽ അത് സ്വപ്രകാശത്തിൻ്റെ പ്രതിയോഗിയായി അപ്പോൾ അവിടെ പ്രതിയോഗി എന്ന് പറഞ്ഞാൽ എന്താണ് സ്വപ്രകാശത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒന്ന് പ്രതിയോഗി എന്ന് പറയുന്നത് ആരെയാണ് ആരെയാണ് ശത്രു ചോദ്യം ചെയ്യുന്നതാണ് അതിൻ്റെ പ്രതിയോഗി എന്ന് പറയുന്നത് ശത്രു ഇവിടെ സ്വപ്രകാശത്വത്തെ ചോദ്യം ചെയ്യാൻ ഒരാൾ നീക്കുന്നവരാണോ വ്യവഹാരം വെറും വ്യവഹാരമല്ല പിന്നെയോ അവേദ്യത്വവിശിഷ്ട അപരോക്ഷ വ്യവഹാരം അങ്ങനെയല്ലേ പറഞ്ഞത് അവേദ്യത്വസ്ഥി അപരോക്ഷ വ്യവഹാര യോഗ്യത്വം അപ്പോൾ അവൈദ്യത്വ വിശിഷ്ട അപരോക്ഷ വ്യവഹാരം ഇത്രയും നിൽക്കുന്നു അപ്പോൾ സ്വരൂപമെന്ന് പറഞ്ഞിട്ട് പ്രയോജനമില്ല അത്ര മനസ്സിലാക്കി എളുപ്പമാങ്ങി അപ്പോൾ സപ്രതിയോഗികം എന്ന് പറയുന്നത് എന്തിനാണ് ഏ സപ്രതിയോഗികം ആണോ സപ്രതിയോഗികം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സുപ്രകാശം പ്രതിയോഗിന സഹ വർത്തത സപ്രതിയോഗി സപ്രതിയോഗി തത്വം സപ്രകാശത്ത് വരുന്നു ആണ് അവിടെ പറഞ്ഞത് അവസാനം എന്തു പറഞ്ഞു സപ്രതിയോഗികത്വ പ്രസംഗം ഞാനോസ്വഭാവസി ആത്മനോ സപ്രതിയോഗിത്വ പ്രസംഗമാണ് ആത്മാവിനെന്ത് വരുന്നു സപ്രതിയോഗിത്വം വരുന്നു പിന്നെന്താണ് ഇവിടെ ഒന്നുകൂടി വിശദമാക്കാൻ വേണ്ടി വേണമെങ്കിൽ ഇത് ഓടി നോക്കാം അഞ്ചാമത്തെ പേജിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളും വായിച്ച മനസ്സിലാവുന്നവിടെ സുസത്തായാമിരി പ്രതീകം മൂന്നാമത്തെ വരിയിൽ യാവത് സ്യ പ്രകാശേന അവിയോഗ അതായത് നാലാമത്തെ ലക്ഷണം പറഞ്ഞപ്പോൾ സുസത്തായാം പ്രകാശ അവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് സ്വ സത്ത സ്വസത്ത എന്ന് പറഞ്ഞാൽ സ്വശബ്ദം കൊണ്ടുതന്നെ എടുക്കും സ്വപ്രകാശിതാത്മ മറ്റൊന്നുകൂടെ വന്നെന്താണ് പ്രകാശം രണ്ട് കാര്യങ്ങൾ ഒന്ന് സ്വസത്തയും മറ്റൊന്ന് പ്രകാശവും എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം സത്ത പ്രകാശവും മാറുന്നില്ല അതിനോട് പറഞ്ഞത് അസ്യസത്ത താവത് പ്രകാശേന അവിയോഗ ചിതാത്മാവിൽ ഏതുവരെ സത്തയുണ്ടോ അതുവരെ പ്രകാശമുണ്ട് സച്ചിതാനന്ദം എന്ന് പറയുന്നത് അത് സത്വമാണ് ചിത്തമാണ് അപ്പോൾ അതാണ് സ്വപ്രകാശത്വം എന്ന് പറയുന്നതാണ് സത്വം ആയിരിക്കുക പ്രകാശവുമായിരിക്കും അതാണ് ഈ ലക്ഷണം കൊണ്ട് അത് സത്താണെന്ന് കൂടി പറയുന്നു അതാണ് ഈ ലക്ഷണത്തിൻ്റെ പ്രയോജനം കേവലം പ്രകാശം പറയുന്നത് സത് പ്രകാശത്തിന് പിന്നെ എന്തിനാണ് സത്ത എന്ന് പറയുന്നത് അത് സത്താണ് പ്രകാശമാണ് എന്നാ വേദ്യമല്ല മൂന്ന് കാര്യങ്ങളും സത്താണ് പ്രകാശമാണ് വേദ്യമല്ല അപ്പോൾ അവിടെ ഈ സത്താണ് പ്രകാശമാണ് വേദ്യമല്ല സ്വയം പ്രകാശം എന്ന് വെച്ചാൽ വേദ്യമല്ല എന്നുള്ളത് എല്ലായിടത്തും ഉള്ളതാണ് സ്വയംപ്രകാശം ഒരിക്കലും വേദ്യമായിരിക്കാൻ പാടില്ല വേദ്യമായി കഴിഞ്ഞാൽ മറ്റൊരു പ്രകാശത്തിൻ്റെ വിഷയമാകും സ്വയം അതാണ് അടുത്ത് വിശേഷിക്കുന്നത് വേദ്യത്വി നിലീനത്തായ അവി അപ്പോൾ പ്രകാശസ്വരൂപമാണ് വേദ്യമല്ല ഇപ്പോൾ വേദ്യം ഒന്ന് വന്നുകഴിഞ്ഞാൽ എന്തുവരും ശൂന്യതയ്ക്കും വരാം വേദ്യത്തും വേദ്യം എന്ന് പറയുമ്പോൾ അത് സത്തായിരിക്കണമെന്നില്ല ശൂന്യതയും വേദ്യമാകാം ശൂന്യതെന്ന് വെച്ചാൽ ബൗദ്ധന്മാരും പറയുന്ന ശൂന്യത ഒന്നും വേദ്യമാകാം കാരണം വേദ്യമല്ലെങ്കിൽ അവരങ്ങനെ ശൂന്യതയെക്കുറിച്ച് പറയും ശൂന്യതയെക്കുറിച്ച് വ്യവഹരിക്കണമെങ്കിൽ എന്തുവേണം വേദ്യമാണ് അപ്പോൾ ഇവിടെ ശൂന്യത അല്ല ഇത് സത്താണ് അന്ന് പറയുന്നത് വേദ്യത്വി നിലീനത്തായ അഭിസംബന്ധിൻ്റെ ശൂന്യത അതിന് സംഭവിക്കാം പ്രകാശ വ്യതിരേകോ അനവസ്ഥ വാസ്യാദ് സത്തയായി സ്വീകരിച്ചില്ലെങ്കിൽ യവദസ്യസത്ത താവത് പ്രകാശിനിയോഗ എന്ന് പറഞ്ഞു അതിനെ സത്തയായി സ്വീകരിച്ചില്ലെങ്കിൽ എന്തുവരുന്നു ഇത് പ്രകാശമാണെന്ന് പറയുന്നു പ്രകാശത്തെ സ്വയം പ്രകാശമായി സ്വീകരിച്ചില്ലെങ്കിൽ വേദ്യമാകും വരുന്നതാണ് വേദ്യമായി കഴിഞ്ഞാൽ എന്തുവരുന്നു സത്താകത്തില്ല ശൂന്യമാകും ശൂന്യമായി കഴിഞ്ഞാൽ ശൂന്യത്തിനെ അറിയുന്ന ഒരു ജ്ഞാനം എന്ന് സ്വീകരിക്കേണ്ടി വരും അപ്പോൾ ശൂന്യത്തെ അറിയുന്ന ജ്ഞാനം ജ്ഞാനഭേദ്യമാണ് ശൂന്യം അങ്ങനെയാണെങ്കിൽ ആ ജ്ഞാനം അതിനെ അറിയുന്ന മറ്റൊരു ജ്ഞാനം അതിനെ അറിയുന്ന മറ്റൊരു ജ്ഞാനം ഇങ്ങനെ അനവസ്ഥ ദോഷം അതോടൊപ്പം തന്നെ എന്താണ് സത്തായി സ്വീകരിക്കുന്നത് ഇവിടെ എന്താ പറഞ്ഞത് യാവ താവത് ജ്ഞാനം സത്തയും ജ്ഞാനത്തെയും മാറ്റാൻ പറ്റത്തില്ല മാറ്റിയാൽ എന്ത് സംഭവിക്കും ഇവിടെ പറയുന്ന നിങ്ങൾ പറയുന്ന സ്വപ്രകാശ ചിതാത്മാവെന്ന് പറയുന്നത് പ്രകാശമല്ലാതായിത്തീരും സത്തയല്ലെങ്കിൽ അത് ശൂന്യമാകും സത്ത അല്ലെങ്കിൽ അത് ശൂന്യവുമാകാം ഇവിടെ സത്തയാണ് ജ്ഞാനവുമാണെന്ന് പറയുമ്പോൾ രണ്ടും ഒന്ന് തന്നെ അതിനാ വേദ്യമെന്ന് പറയുന്നു സത്യം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനം എന്ന് പറയുമ്പോൾ അതിനെ വേദ്യമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ വേദ്യമായത് ജ്ഞാന ഭിന്നമാകാം എന്തുകൊണ്ട് ശൂന്യതയും ജ്ഞാനത്തിനും വിഷയമാണ് ശൂന്യത എന്ന് പറയുന്നതും ജ്ഞാനത്തിന് വിഷയമാണ് അപ്പോൾ ജേയം പ്രകാശമായിരിക്കണമെന്ന് നിയമമില്ല ജേയം ശൂന്യവുമാകാം അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് യാവസത്ത താവത് സ്വയം പ്രകാശം അപ്പോൾ അതിന് ശൂന്യത അല്ലയെന്ന് പറയണം അപ്പോൾ സത്യം സ്വീകരിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നം എന്താണ് ഇതിനെ ശൂന്യമായി സ്വീകരിക്കേണ്ടി വരും അതിനെ വേദ്യമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് പ്രകാശ ഭിന്നമാണെന്ന് സ്വീകരിക്കേണ്ടി വരും പ്രകാശ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രകാശഭാവം ശൂന്യം മറ്റൊന്നെന്താണ് അങ്ങനെ സ്വീകരിക്കുന്നിടത്ത് അനവസ്ഥാ ദോഷവും വരും പ്രകാശ വ്യതിരേകമായിരിക്കുന്ന ശൂന്യത അറിയുന്ന ജ്ഞാനം സ്വീകരിച്ചാൽ അതിനെ അറിയുന്ന മറ്റൊരു ജ്ഞാനത്തെ കാരണം സ്വയം പ്രകാശം അല്ല സ്വയംപ്രകാശം അല്ലെങ്കിൽ പ്രകാശിപ്പിക്കുന്ന പ്രകാശത്തെ സ്വീകരിക്കുക ഇപ്പം രണ്ട് ദോഷം വരും സത്തയായി സ്വീകരിച്ചില്ലെങ്കിൽ ഇവിടെ ചിതാത്മാവിനെ എന്താണോ സ്വയം അംഗീകരിച്ചില്ലെങ്കിൽ വേദ്യമായി തീരുമ്പോൾ അത് ശൂന്യമാവും അനവസ്ഥ വരും അതുകൊണ്ടാണ് ഇവിടെ സത്തയുമാണ് പ്രകാശവുമാണെന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശവുമാണെന്ന് പറഞ്ഞത് അദ്ധ്യത്വി അഭിസംഭവമാണ് അതെന്ത് സംഭവാണ സംഭവമാണ് എന്ത് സംഭവിക്കും വേദ്യത്വ സംഭവിക്കും ശൂന്യതയും വേദ്യമാവും ശൂന്യത വേദ്യമാകഴിഞ്ഞാൽ പ്രകാശ വ്യതിരേകം ശൂന്യം എന്ന് പറയുമ്പോൾ പ്രകാശമല്ലോ അനവസ്ഥാവസ്ഥ അത് വേദ്യമായി കഴിഞ്ഞാൽ അനുഭവ സദോഷം വരാമെന്ന് നിർത്തും അതാണ് നാലാമത്തത് അഞ്ചാമത്തേ വിശേഷമായിട്ടിവിടെ പറയുന്നത് സ്വകാര്യ ഹേതു പ്രകാശത്വം അഭിജ്ഞാതെ വ്യവഹാര അയോഗാദ് അവശ്യം ജ്ഞാനേന വ്യവഹാര ഹേതുഭൂതേന ഭവതവ്യം ഇതിനെ അഭിജ്ഞാതമായി സ്വീകരിച്ചു നേരത്തെ ശൂന്യമായ കാര്യമാണ് പറഞ്ഞത് ഇവിടെ അഭിജ്ഞാതമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തിനാ സ്വയം പ്രകാശം നിങ്ങൾ പറയുന്നതിന് ചിതാത്മാവിനെ അഭിജ്ഞാതമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ വ്യവഹാരമായോ അത് വ്യവഹാരം നടക്കൂ അഭിജ്ഞാതമായി നടത്താൻ പറ്റുമോ ഇല്ല കഴിയത്തില്ല അവശ്യം ഞാനേന സ്വവ്യവഹാര ഭൂതേന പോലും അപ്പോൾ അവിടെ ജ്ഞാനത്തെ സ്വീകരിക്കണം ഏതിനെ സംബന്ധിച്ച് ചിതാത്മാവിൻ്റെ ജ്ഞാനത്തെ അംഗീകരിക്കണം ആ ജ്ഞാനം എങ്ങനെയുള്ളതാണ് സ്വ വ്യവഹാര ഹേതുഭൂതം ചിതാത്മ വ്യവഹാരത്തിന് ഹേതു ആയിരിക്കുന്ന ജ്ഞാനത്തെ സ്വീകരിച്ചേ പറ്റൂ തദ്രൂപത്വഞ്ച തസ്യസ്വപ്രകാശത്വം അപ്പോൾ അവിടെ സ്വവ്യവഹാരഹേതുത്വം ജ്ഞാനത്തിൽ വരുന്നു അതാണ് സ്വപ്രകാശത്വം ചിതാത്മം വ്യവഹാര ഹേതുവായിരിക്കുന്ന എന്താണ് ജ്ഞാനം ഇപ്പം സ്വവ്യവഹാരഹേതുവം തന്നിൽ തന്നെ വരും സ്വ്യവഹാര താൻ തന്നെ എന്തുകൊണ്ട് ജ്ഞാനമാണ് സ്വംജ്ഞാനം തന്നെ സ്വഹാര ഹേതുവും ഞാൻ തന്നെ അതാണ് സ്വപ്രകാശത്വം അതാണ് സ്വഹാരഹേതുയസതി പ്രകാശത്വം എന്ന് പറഞ്ഞത് അപ്പം ശൂന്യമായും സ്വീകരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത് സുസവത്തായം പ്രകാശപ്യതിരേഖ വിരഹിതത്വം അവിജ്ഞാതമായി സ്വീകരിക്കാൻ പറ്റില്ല അവേദ്യം എന്ന് പറയുന്നതുകൊണ്ട് ഈ അവിജ്ഞാതം എന്നുള്ള പക്ഷം ഇങ്ങനെ വന്ന് പറഞ്ഞാൽ അഭിജ്ഞാതം എന്ന് പറയാം അത് പറ്റില്ല പറഞ്ഞു സ്വവ്യവഹാരഹേതു പ്രകാശമാണ് അത് പ്രകാശമാണ് അതിൻ്റെ വ്യവഹാരത്തിന് അതുതന്നെ ഏതുവുമാണ് അപ്പോൾ അവിജ്ഞാതമല്ല എന്നാൽ വേദ്യ അവിജ്ഞാതവുമല്ലേ യദ്യ പിന്നെ പൂർവപൂർവപക്ഷദോഷപരിചി ഈർഷയാ സർവത്ര ഉത്തരോത്തരപക്ഷ പരിഗ്ര തഥാപി സംഭാവ്യമാനത്വ വിഭിന്നദൂഷണത്വ വിനേയ മതിവികാസായ ഉപന്യസ്യന്തേ കാരണം ഇവിടെ ഒന്ന് മുതൽ പതിനൊന്ന് ലക്ഷണം പറഞ്ഞു ഒന്ന് പറഞ്ഞു അതിൽ ദോഷമുണ്ടായതുകൊണ്ട് രണ്ട് അതിൽ ദോഷം ഉണ്ടായതുകൊണ്ട് മൂന്ന് അങ്ങനെ അല്ല ഒന്നാമതത്വം ദോഷത്തെ പരിഹരിക്കാൻ രണ്ടാമത് പറഞ്ഞു അങ്ങനെ ഒരു തുടർച്ചയില്ല എന്നർത്ഥം അങ്ങനെ വരുമ്പോൾ എന്തുവരും ഒന്നാമത്തെ ദോഷ പരിഹരിക്കുക രണ്ട് രണ്ടിലെ ദോഷം പരിഹരിക്കുക മൂന്നില് വരുമ്പം ആദ്യത്തെ രണ്ട് ദോഷം പരിഹരിക്കണം നാലില് വരുമ്പോൾ മൂന്ന് ദോഷങ്ങളും ഒറ്റ ലക്ഷണത്തിൽ പരിഹരിക്കണം പതിനൊന്നാമത്തേല് വരുമ്പോൾ മുമ്പ് പറഞ്ഞാൽ പത്ത് ദോഷങ്ങൾ പത്ത് ദോഷങ്ങളും ഒരിടത്ത് പരിഹരിക്കണം അങ്ങനെയല്ല എന്നെന്തിനാണ് ഈ പതിനൊന്നെണ്ണം പറഞ്ഞത് വിനയ മതി വികാസായ വിനയനെന്ന് പറഞ്ഞാൽ ശിഷ്യ ബുദ്ധി വൈശദ്ധ്യർത്ഥം ശിഷ്യൻ ചിന്തിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ശിഷ്യൻ ചിന്തിച്ച് ചിന്തിച്ച് അവൻ്റെ ബുദ്ധി സൂക്ഷ്മമാവട്ടെ തത്വത്തെ ഗ്രഹിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ആണ് പറയുന്നത് യദ്യ പിന്നെ പൂർവപക്ഷ പൂർവപൂർവ്വപക്ഷദോഷ പരിഹീർഷയാ പൂർവപൂർവ്വപക്ഷദോഷത്തെ പരിഹരിക്കുന്നതിനുള്ള ഇച്ഛ കൊണ്ട് ന സർവത്ര ഉത്തര ഉത്തരപക്ഷ പരിഗ്രഹ പതിനൊന്ന് ലക്ഷങ്ങളും ഉത്തരോത്തരപക്ഷത്തെ പരിഗ്രഹിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടല്ല തഥാപി എങ്കിലും സംഭാവ്യമാനത്വം പിന്നെന്താണ് ഇങ്ങനെയുള്ള ദോഷങ്ങൾ സംഭവിക്കാം എന്നുള്ളത് പിന്നെ വിഭിന്ന ദൂഷണത്വാശം ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം ദോഷങ്ങളുണ്ട് ഓരോ ലക്ഷണത്തിനും പറയാൻ സ്വതന്ത്രമായ ദോഷങ്ങൾ തന്നെ ഉണ്ട് വിനയമതി വികാസ എന്നാണ് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഉത്തരോത്തരം ഓരോ പക്ഷങ്ങളും പറയുന്നത് കാരണം അതുകൊണ്ടാണല്ലോ പലയിടത്തും പല ദോഷങ്ങളെ കാണിക്കുന്നത് അതായത് ഇപ്പം ഞാൻ ആശയത്വം എന്ന് പറഞ്ഞു അവിടെ ഒരു ദോഷം പറഞ്ഞു എന്താണ് വ്യവഹാര ലോഭം സംഭവിക്കും ഒരു വ്യവഹാരവും സാധ്യമല്ല സ്വപ്രകാശത്തെ സംബന്ധിച്ച് ഞാൻ ആവശ്യത്തെ സേ അപരോക്ഷത്വം പറഞ്ഞപ്പോൾ വേറൊരു ദോഷം പറഞ്ഞു എന്താണ് ഞാൻ ആ വിഷയത്തിസതി അവരോക്ഷത്തും ദോഷം പറഞ്ഞേ വേറെ ദോഷം നാടത്ത് വ്യവഹാര വിഷയത്വസ്ഥിതി ജ്ഞാന വിഷയത്തോ എന്ന് പറഞ്ഞപ്പോഴ അതിവ്യ പ്രഭാകര മതമനുസരിച്ച് ഇങ്ങനെ ഭിന്ന ഭിന്നദങ്ങൾ അതാണ് പിന്നെ ഞാൻ ആ വിഷയത്വം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വിഷയത്വ വിസതി അപരോക്ഷത്വം എന്നു പറഞ്ഞു ആ ഡോറം കടച്ച അതിന് പറയുന്നു എന്താണ് ജ്ഞാനാവിഷയത്വം ശശവിഷാണാദേപഭ്യസ്ഥി കേവലം ജ്ഞാനാവിഷയത്വം എന്ന് പറഞ്ഞാൽ ശശവിഷാണത്തിൽ വരും ശശവിഷാണ വിഷയമാണ് അത് വിശദീകരിക്കുന്നു തശ്ദജനിത ബുദ്ധേര വികല്പ മാതൃതയ അർത്ഥ അസംസ്പർശ ശശവിഷാണ എന്ന് പറയുന്നത് ഒരു ശബ്ദം കേൾക്കുകയാണ് ശബ്ദ ശേഷവിഷാണം അത് കേവലം വികൽപ്പം മാത്രമാണ് എന്ന് പറഞ്ഞാൽ അത് യഥാഹു പതഞ്ജലേഹ ശബ്ദ അനുപാതി വസ്തുശൂന്യവികല്പ വികൽപ്പത്തെ പറഞ്ഞിരിക്കുന്നു പതഞ്ജലന്മാർ അതായത് ചിത്തവൃത്തികളെ നിരോധിക്കുമ്പോൾ വികല്പവൃത്തിയും നിരോധിക്കണം എന്നാണ് പറഞ്ഞത് പതഞ്ജലി അപ്പോൾ വികല്പ വിവൃത്തിയെ നിരോധിക്കണമെങ്കിൽ വികൽപ്പവൃത്തി എന്താണെന്ന് അറിയണം പ്രമാണ വിപരീയ വികൽപ്പ നിദ്രാസ്മൃതേഹ പഞ്ചവൃത്തികളാണ് പ്രമാണം വിപരീയം ഇത് രണ്ടും അല്ലാത്തതാണ് പറയുന്ന വികല്പം അതാണ് മൂന്നാമത് പറഞ്ഞത് അത് പ്രമാണമല്ല വിപരീയവുമല്ല പിന്നെ എന്താണ് വികൽപ്പു പറയുന്നത് എന്താ വികല്പമെന്ന് പറയുന്ന പദാർത്ഥം നമ്മൾ സാധാരണ പഠിച്ചിരിക്കുന്നത് എന്താണ് സംശയമാണ് വികൽപ്പം എന്ന് പറഞ്ഞാൽ വിരുദ്ധകൽപ്പങ്ങൾ സംശയം സംശയരൂപത്തിലെ ശബ്ദപ്രയോഗവും വികല്പമാണ് അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ജ്ഞാനവും വികല്പമാണ് ഇവിടെ വികല്പു പറഞ്ഞാൽ എന്താ ശബ്ദജ്ഞാന അനുപാതി വസ്തുശൂന്യ വികല്പ ഇവിടെ വികല്പ ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണ് എന്താണ് ശബ്ദത്തിൽ അന്നു പഠിച്ചിട്ടില്ലല്ലോ പിന്നെ അങ്ങനെ പറയും ഞാൻ ചോദിച്ചതെന്ന് വിചാരിച്ച് കയറി മറുപടി പറയാമോ ഏ ചോദിച്ചെന്ന് പറഞ്ഞ അങ്ങനെ മറുപടി പഠിക്കാത്ത പഠിച്ചിട്ടുണ്ടെങ്കിൽ പറയാം ഞാൻ അറിയാതെ പഠിക്കാനും വഴിയില്ല ഞാൻ മതപ്രഭാഷണത്തിന് പഠിക്കത്തില്ല ശബ്ദജ്ഞാന അനുപാധി ശബ്ദജ്ഞാനത്തെ തുടർന്നുണ്ടാകുന്നത് ആണ് എന്നാൽ വസ്തുശൂന്യവും അർത്ഥശൂന്യവുമായ ഒരു ജ്ഞാനം അതാണ് വകല്പം നമ്മുടെ ഉള്ളിലൊരു ജ്ഞാനം ഉണ്ടാകുന്ന വെച്ചാൽ ശശഭിഷാണ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ ജ്ഞാനത്തിൻ്റെ വിൽപ്പം എന്ന് പറയുന്നു ഒരു ബോധം ഉണ്ടാകുമല്ലോ അത് ശബ്ദ കേട്ടപ്പോൾ ഉണ്ടായതാണ് എന്നു വെച്ചാൽ ശബ്ദത്തെ അറിഞ്ഞപ്പോൾ എങ്ങനെ ശശവിഷാണെന്ന് കേട്ടപ്പോഴാണ് ഉണ്ടായത് എന്നാൽ അവിടെ അർത്ഥം എന്തെങ്കിലും ഉണ്ടോ ഇല്ല എന്നാൽ ഞാനുണ്ടായോ ഉണ്ടായി ശശവിഷാണ് അത് പ്രമാണവുമല്ല വിപര്യമുണ്ടാവും മൂന്നാമതൊരു സാധനമാണ് അതൊരു ജ്ഞാനമാണ് അതിൻ്റെ വികല്പവൃത്തി എന്ന് പറയും വികല്പജ്ഞാനം എന്നുള്ള അർത്ഥത്തിൽ അപ്പോൾ അതിൻ്റെ വിശേഷത എന്താണ് അവിടെ ഞാൻ അവിഷയത്വം ഞാനും ശബ്ദം കേട്ടാൽ ഞാനും പക്ഷേ ഞാൻ അവിഷയത്വം ശശവിഷാണൈരപ്പ്യ ശശിഷാണു എന്ന് പറയുന്നത് ഞാൻ വിഷയമേ അല്ല വിഷയമായൊരു വസ്തുവില്ല പിന്നെ എങ്ങനെ ഉണ്ടാകും ഉണ്ടാകുന്നില്ല അതാണ് ഞാൻ ആവിഷയം ശശിഷാണുരപ്തി തത് ശബ്ദജനിത ബുദ്ധേര വികല്പ മാത്രതയാ അർത്ഥ അസംസ്പർശ അത് അർത്ഥസ്പർശിയല്ല തശബ്ദ ആ ശബ്ദം കേട്ട് അതിൽ നിന്നൊരു ബോധമുണ്ടായി അതാണ് തത് ശബ്ദജനിതബുദ്ധിയെ വികല്പം മാത്രം എന്ന് വെച്ചാൽ കേവല ജ്ഞാനം മാത്രമാണ് അത് പ്രമാണത്തിനും വിപരീതത്തിനും ഭ്രാന്തിയല്ലാതെ രണ്ടിലും പെടുന്നതല്ല മൂന്നാമതൊരു ജ്ഞാനം ഇതെല്ലാവരും അംഗീകരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള വാദവിവാദങ്ങളൊക്കെ ഉണ്ട് എന്താ ഈ സാധനം എന്നുള്ള കാര്യത്തിൽ പലർക്കും പല അഭിപ്രായമാണ് എന്നാലും അതിൻ്റെ ചുരുക്കം ഇതാണ് ജ്ഞാനം അർത്ഥ അസംസ്പർശിയ ജ്ഞാനം യഥാഹു പതഞ്ജലിയ ശബ്ദം ഞാൻ അനുപാതി വസു ചുനീ അതാണ് ഞാനാ ഉള്ള ഇത് അവിടെ പറഞ്ഞ ദോഷമുണ്ട് അവിടെ എന്താ പറഞ്ഞത് ഞാനാ വിഷയത്വത്തിന് ദോഷം കഥാപ്രസംഗം ഒന്നും നടക്കത്തില്ല ചർച്ച ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ ഇവ ഒരു ദോഷം കൂടെ പറഞ്ഞു വികല്പത്തിന് ഒരുപാട് ഉദാഹരണം പറയുന്നത് ഇതുമാത്രമല്ല ശശവിഷാണല്ല പുരുഷന് പുരുഷസ്യ ചൈതന്യം എന്ന് പറയുന്നു അവിടെയും ഉണ്ടാകുന്ന വികല്പജ്ഞാനമാണ് എന്തുകൊണ്ട് വ്യാസഭാഷ്യത്തിൽ ഉദാഹരണം കൊടുത്തിരിക്കുന്ന അതാണ് ശശവിഷാണമല്ല എന്നുവെച്ചാൽ പുരുഷൻ്റെ സ്വരൂപമാണ് ചൈതന്യം എന്നിട്ടും പുരുഷസ് ചൈതന്യം എന്ന് ഷഷ്ടി പറയുന്നു അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ജ്ഞാനം എന്താ വികല്പ്ഞാനമാണ് ഇന്നതേ വരാവുന്നില്ല ശൂന്യം എന്ന് പറയുന്ന ഒന്നുമില്ലാത്ത ഒന്നിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ അത് വികല്പ്ഞാനം തന്നെ അത് ശൂന്യത്തെ ആര് പറയുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും ശൂന്യം എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണോ അല്ലയോ ഏതിനും പറയാം വികല്പമൊന്നും അല്ല ശശഭുഷാണത്തിന് മാത്രമല്ല വന്ധ്യ ഒത്തിരി ആകാശ സുമതിന് മാത്രമല്ല പുരുഷസ് ചൈതന്യം എന്ന് പറയുന്നു വിൽപ്പജ്ഞാനമാണ് അതിനെങ്ങനെ പറയുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ ലക്ഷണം സജാതീയ പ്രകാശ അപ്രകാശ്യത്വം ആറാമത്തെയാണ് ജ്ഞാന അഭിഷയത്വം ആസൂതി രണ്ടുവന്നല്ലേ സജാതീയ പ്രകാശപ്രകാശം എന്ന് പറഞ്ഞാൽ ഞാന അഭിഷയം ജ്ഞാനം കൊണ്ട് പ്രകാശിപ്പിക്കുന്ന അല്ലെന്നാണ് ആളിയും പറയുന്നത് ജ്ഞാനം ജ്ഞാനത്തിൻ്റെ സജാതീയമായ മറ്റൊരു ജ്ഞാനം കൊണ്ട് ജ്ഞാനത്തെ പ്രകാശിപ്പിക്കാൻ പറ്റുന്നില്ല അപ്പോൾ സജാതീയ പ്രകാശ അപ്രകാശമായ എന്ത് ജ്ഞാനം അതുപോലെ തന്നെ ജ്ഞാനം ജ്ഞാനത്തിൻ്റെ വിഷയമുണ്ടോ അങ്ങനെ സംശയിക്കുക അതാണ് അടുത്ത് പറയുന്നത് തൃതീയ ഷഷ്ടിയോ സംഗ്രഹം തഥാഭൂതസ്യ പ്രദീപസ്യ ജ്ഞാന വിഷയത്വം വ്യത്യാസമുണ്ട് സജാതീയ പ്രകാശ അപ്രകാശത്വം ദീപത്തിൽ യോജിക്കും മനസ്സിലായോ ദീപോന്ന് പറയുന്ന സജാതീയമായ പ്രകാശം അപ്രകാശ്യം പറയാൻ പറ്റുമോ സജാതീയമായ പ്രകാശം എന്ന് പറയുമ്പോൾ ദീപം അതുകൊണ്ട് അപ്രകാശ്യമാണെന്ത് ദീപം പക്ഷെ ഞാൻ ആ വിഷയത്വം ഇല്ല വരത്തില്ല അതാണ് ഇണ്ട് നമ്മളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ സജാതീയ പ്രകാശപ്രകാശത്വം എന്ന് പറയുന്നത് അങ്ങനെയൊരു ലക്ഷണം ഉണ്ടാക്കിയത് ദീപത്തെയും സ്വപ്രകാശം ഒന്നും സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്വൈതിയല്ല അവർക്ക് എങ്ങനെ ഒരു ലക്ഷണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇവിടെ ഇവിടെ പറയും അവിടെ തന്നെ മൂന്നാമത്തെ ലൈനിൽ പറയും ഏകദേശം പ്രദീപാതേ രവി സ്വപ്രകാശത്തും വാഞ്ചതോ ലക്ഷണം സജാതീയ പ്രകാശപ്രകാശം എന്ന് പറയുന്നത് ദീപത്തിനായി പറയാൻ പറ്റും മനസ്സിലായേ കാരണം ദീപത്തിൻ്റെ സജാതീയ പ്രകാശം ദീപം ദീപം കൊണ്ട് ദീപത്തെ പ്രകാശിപ്പിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ദീപത്തിനെയാണ് സ്വപ്രകാശത്തിന് ദൃഷ്ടാന്തമായി പറയുന്നത് അപ്പോൾ അദ്വൈതിയും ദൃഷ്ടാന്തമായിട്ട് ദീപത്തെ സ്വീകരിച്ചിട്ട് ആ ദീപത്തെ എന്ന് പറയുന്നുണ്ട് ആത്യന്തികമായ സ്വപ്രകാശത്വം ഇല്ല എന്നാലും അപേക്ഷികമായി സ്വപ്രകാശത്തിനൊരു ലക്ഷണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഏത് പറയണം ദീപത്തെ അപ്പോൾ സ്വപ്രകാശവും ദീപവും സ്വപ്രകാശമാണെന്ന് പറയാൻ വേണ്ടി മാത്രമേ ഈ ലക്ഷണത്തിൻ്റെ ആവശ്യമുള്ളൂ അപ്പം സജാതിയോ എന്ന് പറയുന്നത് വേറെയൊന്നും എടുക്കാൻ പാടില്ല എന്താണ് ആ അതിനെടുക്കാൻ പറ്റുള്ളൂ സജാതിയോ എന്ന് പറയുന്നത് കൊണ്ട് ജാതി എടുക്കാൻ പറ്റും ദീപത്തിലുള്ള ദീപത്വത്തെ എടുക്കാൻ പറ്റും പക്ഷേ അതിൽ ദോഷം കാണിക്കാൻ വേണ്ടി മറ്റുദാഹരണം എടുക്കാം അല്ലേ ആ അപ്പോൾ ദോഷം കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ഘടത്തെ എടുക്കും അതാണ് അതിൽ നിന്ന് ചാടിപ്പോയത് പക്ഷേ ജാതി എന്നുള്ളതുകൊണ്ട് എന്തേ എടുക്കാമോ അതിനുള്ള ജാതി എടുക്കാൻ പാടുള്ളൂ അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു ലക്ഷണം പറയുന്നത് എന്തായാലും അദ്വൈതകളും പറയുന്നുണ്ട് ദീപം സ്വയംപ്രകാശമാണ് പക്ഷെ അതൊരു ദൃഷ്ടാന്തമായിട്ടാണ് സുഷുപ്തിയെക്കുറിച്ച് പറയുമ്പോൾ വിവാഹ ശൂന്യതയൊക്കെ പറയുന്നത് ദൃഷ്ടാന്തമായിട്ട് പറയുന്നതാണ് അതുപോലെ ദീപം സ്വപ്ര സ്വപ്രകാശം എന്ന് ധാരാള സ്ഥലത്ത് പറയാറുണ്ട് അങ്ങനെ ദീപത്തിനും സമന്വയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് പക്ഷേ ചിതാത്മാവ് അല്ലാതെ മറ്റൊന്നിനെ സ്വപ്രകാശമായി അദ്വൈതിക്ക് സ്വീകരിക്കാൻ കഴിയില്ല ഇനി ദീപത്തിന് ലക്ഷണം പറഞ്ഞാൽ അവിടെ പോവും ഘടത്തിലും പോവും കാരണം അവിടെ സജാതിയുമായി ഘടത്തൊത്തി എടുക്കുന്നുള്ളൂ സത്തയൊന്നും ദീപത്തിൽ സജാ സ്വപ്രകാശമായി എടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം അത് ആത്മപ്രകാശം കൊണ്ട് ആത്മപ്രകാശം ഒന്ന് പ്രകാശിക്കുന്ന ആത്യന്തികമായല്ല പക്ഷെ താത്കാലികമായി സ്വപ്രകാശത്തിനൊരുദാഹരണം വേണ്ടേ എന്തായാലും മറ്റൊരു പ്രകാശം കൊണ്ട് അതിനെ പ്രകാശിപ്പിക്കണ്ടല്ലോ എങ്ങനെയാണോ ഘടത്തെ ദീപം കൊണ്ട് പ്രകാശിപ്പിക്കുന്നത് അതുപോലെ മറ്റൊരു പ്രകാശം കൊണ്ട് പ്രകാശ അത്രയും സ്വപ്രകാശമാണ് പക്ഷേ സ്വപ്രകാശത്വം ശരിക്കും അഭേദ്യമായ പ്രയോഗിക്കാൻ പറ്റും അങ്ങനെ വരുമ്പോ അത് പിന്നെ മാത്രമേ യോജിക്കത്തുള്ളൂ അതാണ് അവിടെ പറഞ്ഞത് ഏകദേശം പ്രതിപാതയിലെ സ്വപ്രകാശത്വം വഞ്ചതോ ലക്ഷണമെന്ന് പറഞ്ഞാൽ അതാണ് ആത്യന്തികമായത് ശരിയല്ല എന്നർത്ഥം അത് അടുത്ത് വരുന്നുണ്ട് അടുത്ത് വരുന്നുണ്ട് എന്നുവെച്ചാൽ തൃതീയ ഷഷ്ടയോ സംഗ്രഹ തഥാഭൂതസായി പ്രദീപസി ജ്ഞാന വിഷയത്വം ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമായി ധരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇനിയിപ്പോൾ ഇതിനെ എല്ലാം ഖണ്ഡിച്ചിട്ട് ഈ പൂർവപക്ഷങ്ങളെയൊക്കെ ഖണ്ഡിച്ചിട്ട് സ്വപ്രകാശത്തും സമർത്ഥിക്കും എന്നുവെച്ചാൽ ലക്ഷണത്തെ സമർത്ഥിക്കും അത് കഴിഞ്ഞ് പ്രമാണം അവിടെയും തീരുന്നില്ല പിന്നെയോ ലക്ഷണവും പ്രമാണം കൊണ്ടും ഇത് തീരുന്നില്ല എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞു നേരത്തെ എന്തുകൊണ്ടോ മറന്നു പോകുന്നു ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഞാൻ സമയം ആർക്കെങ്കിലും ഓർമ്മ വരുമോന്ന് അറിയാൻ ഏഹ് പറഞ്ഞു പക്ഷേ കത്തുന്നില്ല അതായത് ഇവിടെ ലക്ഷണം പ്രമാണം പറഞ്ഞ് ഇതിനെ സമർത്ഥിക്കുന്നു പൂർവശങ്ങളെയൊക്കെ ഖണ്ഡിച്ച് സമർത്ഥിച്ചാലിത് തീരുന്നില്ലെന്ന് പറഞ്ഞു ടെക്സ്റ്റിലേക്ക് പോകുന്ന കാര്യമല്ലേ ഉപരിഗ്രന്ഥങ്ങളിലേക്ക് പോകുന്ന ആ അത് തന്നെ വീണ്ടും അതിനെ ഖണ്ണിച്ച് പോകുന്നു ഉപരിഗ്രന്ഥങ്ങളിലെ അദ്വൈത സദ്യയിലേക്ക് വീണ്ടും സ്വപ്രകാശം വരുന്നു ലക്ഷണം പ്രമാണം വരുന്നു ഖണ്ണിക്കുന്നു അതുകൊണ്ട് തീരുന്നില്ലെന്ന് പറഞ്ഞത് അതുതന്നെയാണ് പറഞ്ഞത് കുറച്ചും കൂടെ സ്പീഡാക്കി എടുക്കണം എണ്ണയെ കേട്ട് ഒന്നുകൂടെ ഒന്ന് വേഗത്തിൽ ഓടിക്കില്ല സംഗതി ഉണ്ടെന്തായാലും അതൊരു ഭാഗ്യം തന്നെ പക്ഷേ ഒന്നുകൂടെ സ്പീഡാക്കി കിടത്താൽ മതി ഇതിൻ്റെ തകരാർ എന്തെന്നറിയോ ഇത് ഇതിൻ്റെ തകരാറ് എന്തെന്ന് ഇത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇതിനെക്കൂടി ചിന്തിക്കാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ മനോരാജ്യങ്ങളിലും സ്വപ്ന ലോകങ്ങളിലുമൊക്കെ അപ്പോൾ ഇതിലും മനസ്സ് നിൽക്കുന്നില്ല അതുകൊണ്ടാണ് വിട്ടു അത് മനസ്സ് കുറേ നിൽക്കണമെങ്കിൽ ചിന്തിക്കണം വെറുതെ ശരീരം വെറുതെ ഇരിക്കുമ്പോൾ മനസ്സിന് ഇത് കൊടുക്കണം അപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കാൻ പോകത്തില്ല അത് എൻ്റെ ഒരു അങ്ങനെ ഒരു ചിന്തയില്ലാത്ത കൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞാൽ ശരീരം വെറുതെ ഇരിക്കുമ്പം ഒന്നുകിൽ പിന്നെ ചിന്തിക്കുന്നത് പിണറായി വിജയനെക്കുറിച്ചും നരേന്ദ്രമോദിയെക്കുറിച്ചും ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഇതിനകത്തുള്ള പൊളിറ്റിക്സിലായിരിക്കും ചിന്ത ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യവഹാരത്തിലായിരിക്കും ഇല്ലെങ്കിൽ സ്വപ്ന ലോകത്തിലായിരിക്കും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് സുഖിച്ചിരിക്കും എന്തായാലും ഇതിലേക്കും മനസ്സ് വരുന്നില്ല അതാ വസു വരുന്നില്ല മറ്റു സുഖങ്ങളൊക്കെ ഉണ്ട് അതാ അത് കുറച്ച് ഇതിലേക്കൂടെ വന്നു കഴിഞ്ഞാൽ സ്പീഡിൽ നിന്ന് വരും മറവി എനിക്ക് സംഭവിക്കാറുണ്ട് ഇതാന്ന് ഞാൻ പറയുന്നില്ല ഞാൻ അത്ര മിടുക്കണമെന്നുമല്ല എന്നാലും നമ്മൾ ഇപ്പോൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ കുറേ നമ്മൾ മനസ്സിൽ ഓ നിങ്ങളെ സംബന്ധിച്ചത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും അടുത്ത നിമിഷം നിങ്ങൾ പറയും പറഞ്ഞിട്ടേ ഇല്ല എന്ന് ആണായിട്ട് പറഞ്ഞോളെ കേട്ടിട്ടില്ല എന്ന് പറയും അങ്ങനെ പറയുന്നവരാണ് എന്നുവെച്ചാൽ തൃതീയ ഷഷ്ടിയോ സംഗ്രഹ തഥാഭൂതസ്വാഭി പ്രദീപസ് ജ്ഞാന വിഷയത്വാ അധ ബ്രൂയാത് കിമിതം കാരണം ഇവിടെ പറഞ്ഞല്ലോ ജ്ഞാന അവിഷയത്വേ ശരി അപരോക്ഷത്വം കിം അപരോക്ഷ വിഷയത്വം കിം അപരോക്ഷത്വം അപരോക്ഷം എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ സാധാരണ പ്രയോഗിക്കുന്നതാണ് ഇവിടെ ശാസ്ത്രത്തിൽ ജസ്സുകൾ മാത്രമല്ല അപരോക്ഷോ അയം ഘടക എന്ന് പറയുന്നത് ഈ ഘട അപരോക്ഷമാണെന്ന് പറഞ്ഞാൽ എന്താർത്ഥം എന്താർത്ഥം അപരോക്ഷ ജ്ഞാന വിഷയത്വം ഉണ്ടെന്നാണ് അത് എന്നേ അപരോക്ഷ ജ്ഞാനമാനഹോ എന്ന് പറയുമ്പോൾ അവിടെ അപരോക്ഷത്തോടെ വന്നു ജ്ഞാനത്തിൽ വന്നു അപ്പോൾ വിഷയത്തിനും അപരോക്ഷത്വം വരാം ജ്ഞാനത്തിന് രണ്ടിനെയും നമ്മൾ അപരോക്ഷം എന്ന് പറയും അതായത് പ്രത്യക്ഷമെന്ന് പറയുന്നത് നമ്മൾ ഈ വസ്തുവിനേയും പറയും ഉള്ളിലിരിക്കുന്ന ജ്ഞാനത്തെയും പറയും പക്ഷെ നമ്മൾ സാറിന് വ്യവഹാരത്തിൽ വേർതിരിക്കില്ല നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത് ഈ വസ്തു പ്രത്യക്ഷമാണെന്നാണോ പറഞ്ഞത് അത് എൻ്റെ ഉള്ളിലുണ്ടായ ജ്ഞാനം പ്രത്യക്ഷമാണോ എന്ന് വേർതിരിക്കാറില്ല സ്വാമി അത് മലയാളം ഭാഷയിൽ പറയുമ്പോൾ ഒരെണ്ണത്തിന് ഘടം പ്രത്യക്ഷമാണെന്നും ഘടമാണെന്ന് പ്രത്യക്ഷമാണെന്നും പറയണ്ടേ മലയാള ഭാഷയിൽ പറയുമ്പോൾ ഘടം പ്രത്യക്ഷമാണെന്ന് പറയുന്നിടത്ത് രണ്ടാമത്തെ പ്രത്യക്ഷത്തിൻ്റെ അർത്ഥം എന്താണ് ഘടമാണെന്ന് പ്രത്യക്ഷമാണ് അത് രണ്ടാമത്തെ പ്രത്യക്ഷത്തിന്റെ അർത്ഥം എന്താണ് ഘടം പ്രത്യക്ഷമാണെന്ന് പറഞ്ഞാൽ ഘടം പ്രത്യക്ഷമാണ് എന്നും പറയും ഘടം പ്രത്യക്ഷമാണെന്ന് പറഞ്ഞാൽ ഇത് പ്രത്യക്ഷമാണ് എന്നും പറയും വേർതിരിച്ച് ചിന്തിക്കാറുണ്ടെന്ന് ഘടം പ്രത്യക്ഷമാണെന്ന് വെച്ചാൽ ഇത് പ്രത്യക്ഷമാണെന്ന് വെച്ചാൽ ഈ വസ്തു പറയുന്നു സാധാരണ അത് വേർതിരിക്കാറില്ല ും പറയണ്ടി വരും രണ്ടുപേര് തമ്മിൽ ചർച്ച ചെയ്യാണ് അപ്പൊ അത് തന്നെ അത് ഘടമാണോ പ്രത്യക്ഷമാണെന്ന് പറയുമ്പോ അത് അതായത് അത് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഞാൻ പറയുന്നത് ഹിമാലയം പ്രത്യക്ഷമാണ് എന്ന് പറഞ്ഞവിടെ ചോദ്യം ചെയ്യും എന്താണ് ഹിമാലയത്തെക്കുറിച്ച് എനിക്കുണ്ടായ ഞാനും പ്രത്യക്ഷമല്ലാന്ന് പറയും അപ്പോൾ അവിടെ ഏതാനാണ് പറയുന്നത് പ്രത്യക്ഷം ഞാനത്തെയാണ് നിഷേധിക്കുന്നത് ഹിമാലയം എനിക്ക് പ്രത്യക്ഷമേ അല്ലയെന്നു പറയുമ്പോൾ അത് അത് വേറെതിരിക്കാറില്ല നമ്മൾ ഇവിടെ അത് ചോദിക്കുന്നു എന്താണ് പറയുന്നത് കം അവരുഷ്ഞാനവിഷയത്വം അപരുഷജാനം